ൊരു കുഞ്ഞപ്പ പറഞ്ഞത് പ്രദീപ്കുമാർ കൌന്ദറ സർവശ്രീ സി വി ദേവ് സി ബാലൻ കാവിൽ എ ജി രാജൻ പെരുവണ്ണാമൂഴി സി വേണുഗോപാൽ രവീന്ദ്രൻ പാലങ്ങാട് സദാനന്ദൻ ചെറുവറ്റ ശ്രീമതിമാർ ടി ശാന്താദേവി എം പ്രഭാവതി സംവിധാനം അബ്ദുള്ള നന്മണ്ട എസ് അശോക് അങ്ങനെ വകയിലൊരു സഹോദരിയായ ലച്ചൂട്ടിയുടെ കൂടെ താമസമാക്കിയിട്ട് നാലു മാസം കഴിയുന്നു മഹാത്ഭുതമെന്നേ പറയണ്ടു ഇത്രയും ദീർഘമായൊരു കാലം വകയിലാരും എന്നെ വെച്ച് പുറപ്പിക്കാറില്ല നാലോ അഞ്ചോ ദിവസം കൂടിയാൽ ഒരാഴ്ച അത് കഴിയുമ്പോൾ അടുത്ത കേന്ദ്രം തേടിപ്പോകാനുള്ള ഉത്തരവും യാത്രാവഥിയും തന്നു വിടും അതാണ് പതിവ് കാരണം മറ്റൊന്നല്ല ഒരു വകയുമില്ലാത്ത ഒരു വകയ്ക്കും കൊള്ളാത്ത അവിവാഹിതനും ഒരു തണ്ടിയുമാണ് ഈ കുഞ്ഞപ്പയെന്ന് തറവാട്ടിലെ തീപ്പെട്ട കാരണമാർ തന്നെ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്ഥലം മാറ്റമെന്ന നിത്യദുരിതത്തിൽ ജീവിക്കുന്നവനാണ് ഈ കുഞ്ഞപ്പ എന്ന വകയിലൊരപ്പ ഇവിടെ ഇപ്പോൾ ലച്ചൂട്ടിക്ക് ഞാനൊരധികറ്റാണെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് എത്രയും കാലം വേണമെങ്കിലും ഇവിടെ കഴിയാമെന്ന് തോന്നുന്നു പക്ഷേ ലച്ചൂട്ടി വരുന്നു പാപം ചായയും കൊണ്ടുള്ള വരവാ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു ലച്ചൂട്ടിയെ ഇപ്പോൾ തന്നെ നേരെ എത്രയായി കുഞ്ഞപ്പേട്ടിനെ വിശന്ത കാണൂ എനിക്ക് വിശന്നില്ല ലച്ചൂട്ടിയെ എനിക്കറിയാം കുഞ്ഞാട്ടിന് ഇവിടെ മടുത്തു തുടങ്ങി നീ എന്താ ലച്ചൂട്ടിയായി പറയണത് ഏ എല്ലാം താറുമാറായി എന്താ താറുമാറായത് ഏ പിട്ടിന് കറിയൊന്നുമില്ലാതെ എങ്ങനെയാ ഉള്ളിലേക്ക് ഇറങ്ങണത് അതാ ഇപ്പൊ നന്നായത് ലച്ചൂട്ടിയെ ഇങ്ങോട്ട് നോക്ക് നിന്റെ ഈ സ്നേഹം കൊണ്ട് തന്നെ എന്റെ വയർ നിറഞ്ഞു ഇനി ഈ പുട്ട് ആമാശയത്തിലേക്ക് ഇറക്കണ കാര്യം ഞാനേറ്റു ആ നീ ചെന്ന് കണ്ണന് ചായ കൊടുക്ക് ആ ചെന്നാട്ടെ കുഞ്ഞേട്ടു വിൽപ്പന നടക്കും ഇല്ലേ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ആ നീ ചെന്ന് ആ മുഖമൊക്കെ കഴുകി ചായ കുടിക്കും എപ്പോ നോക്കിയാലും ഒരൊറ്റ ഭാവം ചെല്ല് കഷ്ടം കണ്ടില്ലേ ഇതാണ് ലച്ചൂട്ടി എന്തോ സ്നേഹം ഞാനിവിടുന്ന് പോകുന്നതേ ഇഷ്ടമല്ല പക്ഷേ ഈ വീട്ടിൽ ഇനിയും നിൽക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല ഇവിടെ പ്രശ്നങ്ങളാണ് അനുദിനം വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങൾ യാത്ര ചോദിച്ചാൽ അനുവദിക്കില്ല അപ്പോ പിന്നെ ആരും കാണാതെ മുങ്ങുക തന്നെ അപ്പോ കുഞ്ഞപ്പ മുങ്ങാൻ തീരുമാനിച്ചതെന്തേ എന്ന് ചോദിക്കും അത് പറയാം ലച്ചൂട്ടിയുടെ അരിയിൽ എത്തുന്നതിന് മുമ്പ് ഒരാഴ്ചയോളം ചേനോളിയിലെ വകയിലൊരു മരുമകളുടെ വീട്ടിലായിരുന്നു ഞാൻ അവിടെയാണെങ്കിൽ പരമസുഖം പക്ഷേ മരുമകൾക്കും മരുമകനും എന്നെ അത്ര അങ്ങട്ട് സുഖിച്ചില്ല ഒരു ദിവസം രാവിലെ മരുമകള് ഒന്ന് രണ്ട് പഴയ ഷർട്ടും യാത്രാവത്തെയും തന്ന് സ്നേഹാദരങ്ങളോടെ ഒരു ചോദ്യം എന്നാ പിന്നെ അമ്മാമൻ പോവല്ലേ എന്ന് പോണില്ലാന്ന് പറയുന്നതിന് മുമ്പ് മരുമകൻ എന്റെ പൊക്കണമെടുത്ത് കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇപ്പൊ റോഡിലോട്ട് ഇറങ്ങിയാൽ തെക്കോട്ടൊരു ബസ്സുണ്ട് വേഗം ഇറങ്ങിക്കോളും പിന്നെ അവിടെ യാതൊരു അപ്പീലിനും സാധ്യതയില്ല എന്ന് കണ്ടപ്പോ നേരം വൈകാതെ തെക്കോട്ടുള്ള ബസ് കയറി ബസ്സാണെങ്കിലോ ചാലിക്കരയിൽ പഞ്ചറായി അവിടെ കട ഒരു ചായ കഴിക്കാലോ കരുതി ചായക്കടയിൽ കയറിയപ്പോൾ ദേ കടക്കണു സ്വർണാക്ഷരങ്ങളിൽ ഒരു കല്യാണക്കൂറി അപ്പോഴാണ് അറിയുന്നത് ലച്ചൂട്ടിയുടെ മകൻ കണ്ണൻ വിവാഹിതനാവുന്നൂന്ന് ആരായി ലച്ചൂട്ടി എന്റെ വല്യമ്മയുടെ അമ്മാമന്റെ അനന്തരവൻ അരവിന്ദാക്ഷമേനവൻറെ അനിയന്റെ ഭാര്യയുടെ അച്ഛൻ പത്മനാഭക്കുറുപ്പ് കല്യാണം കഴിച്ചത് ഈ ലച്ചൂട്ടിയുടെ വകയിലൊരു സഹോദരിയാണ് പോരെ പിന്നെ ഒട്ടും വഴിയില്ല നേരെ പോന്നു എന്നാലും കുഞ്ഞപ്പാട്ടൻ ഇത്രയും കാലം എവിടെ ആയിരുന്നു ഇതൊരു പൊങ്ങുകടിയല്ലേ ലച്ചൂട്ടിയെ വല്ല ലക്ഷുണ്ടോ ഒഴിങ്ങനെ പോകും മൂത്തമാമൻ ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ത് നമ്മുടെ തറവാട്ടിലെ അന്തോ കൊന്തവും ഇല്ലാത്ത ഒരു അനന്തരവ യാതൊരു ഗതിയില്ലാണ്ട് വീട് വീടാതെ നരങ്ങണുണ്ടെന്ന് അപ്പോഴൊക്കെ ഈ ലച്ചൂട്ടി നിരീക്കും എന്തിനാ ഇങ്ങനെ നെരങ്ങണേന്ന് എന്റെ ഒപ്പം കഴിഞ്ഞാ പോരേന്ന് പക്ഷേ ഒരിക്കലും എന്റെ വീട്ടില് വന്നിട്ടില്ല അതിപ്പോ ലച്ചൂട്ടിയെ ഇങ്ങോട്ട് വരണ്ടെന്നൊന്നും വെച്ചിട്ടല്ല അല്ല ഒരു കണക്കിന് അന്നൊക്കെ വരാഞ്ഞത് നന്നായി അഷ്ടിക്ക് വരെ മുട്ടായിരുന്നല്ലോ എന്തിനാ ലച്ചൂട്ടി പരിപുന്നത് ഞാൻ വന്നല്ലോ സന്തോഷായി ഇനി കണ്ണന്റെ കല്യാണം കഴിഞ്ഞേ എങ്ങോട്ടും പോന്നുള്ളൂ എന്തിനാ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണത് കുഞ്ഞപ്പേട്ടൻ എനിന്ന് എവിടെയും പോണ്ട ലൂട്ടിയെ നീ ഈ നൂറ്റാണ്ടിലേതല്ലേ അതെന്താ അല്ല നിന്റെ ഒരു സ്നേഹം കാണുമ്പോ എനിക്ക് അത്ഭുതം തോന്നുക കുഞ്ഞപ്പേട്ടൻ ഞങ്ങൾക്ക് ഒരു അധിക ചെലവാവില്ല കണ്ടപ്പോൾ കണ്ണനും എന്ത് സന്തോഷം തോന്നിന്നറിയോ ആ ചോദിക്കാൻ പറഞ്ഞു അല്ല കണ്ണന്റെ അച്ഛൻ ആ അവരൊക്കെ അങ്ങ് നേരത്തെ പോയില്ലേ കണ്ണൻ വലുതായപ്പോഴാണ് ഇവിടുത്തെ കഷ്ടപ്പാടൊക്കെ ഒന്ന് തീർന്നത് ഈ വീട് അവന്റെ സ്വന്തം അധ്വാനാണ് നല്ല വീടാണല്ലോ ഇച്ചിരി പണം ചെലവായി കാണും അതൊക്കെ അവനെ അറിയൂ അല്ല കണ്ണൻ എന്താ പണി അവൻ എന്താ പണി ചോദിച്ചാൽ ഒറ്റ വാക്കിലങ്കം പറയാൻ പറ്റില്ല എന്നാലോ അവനില്ലാത്ത പണിയില്ല അല്ല എവിടെ അവൻ ശരിക്കും ഒന്ന് കാണാൻ തന്നെ കിട്ടിയിട്ടില്ല ഇതുവരെ കല്യാണത്തിന് ഇനി കൊറച്ചു ദിവസല്ലേ ഉള്ളു എല്ലായിടത്തും വിളിച്ചു തീർന്നിട്ടില്ല രാവും പകലും ഓട്ടാണ് അജയാ അങ്ങനെ തപാൽ അയക്കേണ്ട കത്തുകളെല്ലാം അയച്ചു കഴിഞ്ഞു ണെങ്കിൽ അടിച്ച ആയിരം കത്തും തീർന്നു ആയിരം കത്തുകൂടി ഉടൻ അടിക്കണം ജില്ല അടക്കി ക്ഷണിക്കണം വിവാഹ തലേന്നത്തെ ജനകീയ വിപ്ലവ മഹാസംഘമ സൽക്കാരം അടിപൊളിയാവണം കറൻസികൾ നിറഞ്ഞ കവറുകൾ കൊണ്ട് നിന്റെ മേശ നിറയണം ആ മതി മതി നമുക്കേ കണ്ണ തലേന്നത്തെ പരിപാടിയോട് അനുബന്ധിച്ച് ഒരു ഗാനവേള കൂടി നടത്തിയാലും അതൊക്കെ ചെലവല്ലേ എന്ത് ചെലവ് ഗായക സംഘത്തെയും മ്യൂസിക് പാർട്ടിയെയും ഞാൻ കൊണ്ടുവരൂ അവർക്ക് വയർ നിറച്ച് ചോറും നിനക്ക് നിർബന്ധമാണെങ്കിൽ അതുകൂടിയായാലേ റിസപ്ഷൻ ഒന്ന് കൊഴുക്കൂ എങ്കിൽ പരിപാടി ഒന്ന് കൊഴുക്കട്ടെ ആ നീ കൊഴുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാ ഒരു ഐഡിയ കിട്ടിയത് എന്ത് റിസപ്ഷനെ കൊഴുക്കട്ടേം ചിക്കൻ കറിയും ആയാലും എന്താ അതിപ്പോ നമ്മൾ തീരുമാനിക്കണ്ടോ പ്രത്യേക കമ്മിറ്റി ഉണ്ടല്ലോ ആ അജയാ നീ വീട്ടിലേക്ക് നടക്ക് ഞാൻ നമ്മുടെ മമ്മൂനിക്കാനൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം എത്തിനായിരം കണ്ണാ ഒരു ജാമ്യം അല്ലാണ്ടാണ് ഇത്രയും പണം എനക്ക് നമ്മള് തരുന്നത് വിശ്വാസല്ലേ മമ്മുഞ്ഞിക്കരുത് എന്റെ കല്യാണം ആവശ്യമല്ലേന്ന് കരുതിട്ടാണ് അതുകൊണ്ടെന്താ തലേ പാർട്ടി കഴിഞ്ഞാൽ പണം ഞാനങ് എണ്ണി തരില്ലേ നവീസാന്റെ കല്യാണത്തിനും വേണ്ടി കൊണ്ട് ഓൾ ഉമ്മാന്റെ പേരിൽ ഒരു പറമ്പ് കിറ്റച്ച പൈസക്ക് അറിയാല്ലോ എല്ലാ എനിക്കറിയാം മമ്മനിക്കാ ആ തലേന്നാളത്തെ കവറ് പ്രതിച്ചാണ് എന്റെ കളി മൊഴിമനും ആ കണ്ണാ നീ ആരെയും വിട്ടുണ്ട് കല്യാണം പിടിക്കണം ഇതൊരു കാര്യം ചെയ്യും എന്റെ കൈമലുള്ള കല്യാണ കത്ത് ഉണ്ടല്ലോ ബാക്കിയുള്ളു അത് കൊറച്ച് നമ്മളെ കഴിയുന്ന ഏഹ് ഞമ്മളെ കൂടി ഒന്നും വിളിക്കാലോടൊ ഇതിപ്പോ ഇത് ആവശ്യം ഞമ്മളെ കൂടി അടിച്ച കത്ത് തീർന്നു എങ്ക് പെട്ടെന്ന് കൊറച്ച് കത്തൂട്ടി അടിച്ചുപക്ഷിയ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് എന്നാലും ഇനി ഇങ്ങനെ സംസാരിച്ചിട്ട ആ ഞാൻ അറിഞ്ഞാണ് പിന്നെ മമ്മഞ്ചിക്കാ സദ്യക്ക് ലിസ്റ്റ് വീട്ടിലേക്ക് വരണം കേട്ടോ ഞമ്മള് വരുവോടോ അത് എന്ത് ഇതിപ്പോ ഞമ്മളെ കൂടി ആവശ്യമല്ലേ ആ ശരി താമസിക്കണ്ടിസ്റ്റ് ഇടാ ആ പിന്നെ വാർഡ് മെമ്പർ എത്തുമെന്നാണ് പറഞ്ഞത് നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം എന്തിനാ മെമ്പർ ഇവിടെ ഗ്രാമസഭ ഉണ്ടോ അത് പിന്നെ നമ്മുടെ മെമ്പറല്ലേ സദ്യക്ക് ലിസ്റ്റ് ഇടാ ഓൻ എന്താ അറിയണോ എന്ന് പറഞ്ഞാ പറ്റോ കല്യാണം ജനകീയ ചില ജനാധിപത്യ മര്യാദകളൊക്കെ പാലിച്ചില്ലേ പറ്റൂ ആ നമ്മുടെ മെമ്പർ വരുന്നുണ്ട് ആ എന്നെ തുടങ്ങാം ഞാൻ എത്താൻ വൈകിയോ ഇല്ല നമ്മള് കുറച്ച് നേരത്തെ ഒരു ജനപ്രതിനിധിയുടെ തിരക്കും കാര്യങ്ങളും അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവില്ല ആ ലിസ്റ്റ് ഇടാം അപ്പോ തലേനാളത്തെ റിസെപ്ഷൻ എന്തൊക്കെ വേണമെന്ന് ആദ്യം തീരുമാനിക്കാം അഭിപ്രായം ആർക്കും പറയാം അഭിപ്രായം പൂവമ്പഴവും നാറനാവലും പക്ഷേ അപ്പൊ ഉഷാറാവും പൂവമ്പഴ അതൊക്കെ പഴഞ്ചന് ഇടപാടല്ലേ എല്ലാറ്റിനൊരു പുതുമ വേണം അതേസമയം ലളിതമായിരിക്കണം വിവാഹ ദൂർത്ത് പരമാവധി കുറയ്ക്കണം ആ എങ്കിൽ മെമ്പർ തന്നെ അഭിപ്രായം പറയൂ എന്റെ അഭിപ്രായത്തില് ചിക്കൻ കറിയും പൊറാട്ടയും അത് മതി ഇതിപ്പോ കണ്ണനെ കുത്തുപാളി എടുപ്പിക്കേണ്ടത് മമ്മുഞ്ഞെ വിദ്വേഷം വെച്ച് സംസാരിക്കരുത് കണ്ണ എന്ത് വേണോന്ന് എനിക്ക് തീരുമാനിക്കാം പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ അഭിപ്രായത്തിൽ നിഷേധിച്ചുകൊണ്ടൊരു തീരുമാനമാണെങ്കിൽ വിവാഹത്തിറങ്ങാത്ത ടി പാർട്ടിക്ക് ഈ വാർഡെന്ന് എനിക്ക് വോട്ട് ചെയ്ത് ഒരുത്തരും പങ്കെടുക്കില്ല പാർട്ടിക്ക് ആള് വന്നില്ലെങ്കിലേ കലക്ഷൻ കുറയും കലക്ഷൻ കുറഞ്ഞാല് ആ ചിക്കൻ കറിയും പൊറോട്ടയും ആവാ എന്ത് എന്ത് അപ്പൊ ഞമ്മളെ വാക്കിനൊരു ബലയല്ലേ അജയാ മമ്മൂനിക്കാണ് പിണക്കരുത് രണ്ടുപേർക്കും ഉചിതമായൊരു തീരുമാനം നീയെടുക്ക് ആ എല്ലാവരും ശ്രദ്ധിക്കണം ആ ഇവിടെ മെമ്പറും മമ്മൂന്നക്ക് നല്ല അഭിപ്രായം പറഞ്ഞത് അതില്ലേ ചെറിയൊരു മാറ്റം വരുത്താണ് ചിക്കൻ കറിയും കാലയിലപ്പവും ആവാ ബെസ്റ്റ് കോമ്പിനേഷൻ ഞമ്മക്കത് മതി അത് എല്ലാവരോടും കൂടി എനിക്കൊന്ന് ചോദിക്കാനുണ്ട് ഞാനിവിടെ ഒരു അഭിപ്രായം പറഞ്ഞു ആരും പൊല്ലിനു പോലും വിലവെച്ചില്ല പിന്നെ ഞാൻ എന്തിനാടോ ഇവിടെ ഇരിക്കുന്നത് ഇനി കുഞ്ഞപ്പമാങ്ങളുടെ കുരുത്തുദോഷം ഉണ്ടാവണ്ട ഓരോ പോകുമ്പോഴും കൂടി ഇരിക്കട്ടെ അപ്പോഴേ എല്ലാവരും ശ്രദ്ധിക്കണം ആർക്കും ഒരു വിരോധം വേണ്ട ചെറിയൊരു മാറ്റം കൂടി വരുത്താണ് തലേനാടത്തെ പാർട്ടിക്ക് പൂവും പഴു ചിക്കൻ കറിയിലപ്പു ഇരിക്കാൻ സമയമില്ല കണ്ണന്റെ വീടന്നെ അതെ ആരാ ഡെക്കറേഷൻ സെറ്റിന്റെ ഓണർ കുഞ്ഞനാണ് ഇത്രയും വലിയ കുഞ്ഞനോ ഇവിടത്തെ വിവാഹ പന്തലിന്റെയും ഡെക്കറേഷന്റെയും കോൺട്രാക്ട് ഞങ്ങൾക്കാണ് ഓഹോ മനസ്സിലായി പണ്ടൊക്കെ പന്തലിടുക എന്ന് പറഞ്ഞാൽ വേതനമില്ലാത്ത സേവനമായിരുന്നു കാലം മാറിയപ്പോൾ കല്യാണവും മാറി കേട്ടോമാവ കല്യാണത്തിന് കുഞ്ഞനാണ് പന്തലും ഡെക്കറേഷനും എന്ന് പറയുന്നത് തന്നെ ഒരു പത്രസാണ് അതെ അതെ ഞാൻ പറഞ്ഞില്ലേ കണ്ണ കുഞ്ഞിന് കൃത്യനിഷ്ഠയാണ് പ്രധാനം എത്ര സ്ക്വയർ ഫീറ്റ് പന്തലാണ് ഉദ്ദേശിക്കുന്നത് അതിപ്പോ അജ എത്ര വേണ്ടിവരും നീ അകത്തോട്ടേ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കേ എന്താ ചോദിച്ചത് നമ്മുടെ പന്തലിന് ആവശ്യമായ സിറ്റിംഗ് കപ്പാസിറ്റി സ്റ്റാൻഡിങ് കപ്പാസിറ്റി ഇവ എത്രയെത്ര ഉദ്ദേശം ഒരായിരം പേർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യം അജയ്യാ ആയിരം കസേര തന്നെ വേണോ ആ വേണോ ഒട്ടും കുറയാൻ പാടില്ല കുഞ്ഞ ഈ കുഞ്ഞപ്പയ്ക്ക് ഒരു സംശയം ഇത്രയും കസേര വേണോ വേണ്ടിവരും അജയ്യാ കണ്ണനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഇതില്ലേ കണ്ണന്റെ അഭിപ്രായത്തിനും സ്ഥാനമില്ല കല്യാണം അവന്റേതല്ലേ അതുകൊണ്ട് അവന്റെ തീരുമാനം അറിയണ്ടേ റിസപ്ഷന്റെ മൊത്തം ചാർജ് എനിക്കാണ് അലങ്കാരം കുറയ്ക്കാൻ പറ്റില്ല അപ്പോ കുഞ്ഞ ഞാനെന്താ പറഞ്ഞത് ആയിരം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൌകര്യം അതെ പിന്നെ ഒരു പത്തിരുന്നൂറ് പേർക്ക് കോടതിയേയും പോലീസിനെയും ഭയപ്പെടാതെ ഷീറ്റ് കളിക്കാനുള്ള ഇരിപ്പടവും മേശയും വെളിച്ചവും ഓക്കെ ഓക്കെ നെക്സ്റ്റ് അജയാ എന്താ ഇത് ഉത്സവ അതെ ഉത്സവം കല്യാണ മഹോത്സവം നിങ്ങളൊന്നും മിണ്ടാതിരിക്കുലമായ ഒരു ഊട്ടുപുര മിക്സി ഗ്രൈൻഡർ ഫ്രിഡ്ജ് തുടങ്ങി സകല സൗകര്യങ്ങളും ഓക്കെ ഓക്കെ നെക്സ്റ്റ് പന്തലിയിൽ ഒരു സ്റ്റേജ് സ്റ്റേജോ എന്തിനാ സ്റ്റേജ് റിസപ്ഷനോടനുബന്ധിച്ച് അത്യധികം ഗാനമേളിരിക്കുന്ന റിസപ്ഷന് ചെറുപ്പക്കാർ തള്ളിക്കയറും കവറുകളിലെ കറൻസികൾ കണ്ട് കണ്ണന്റെ കൺകുളിർക്കും കലക്ഷൻ ജോറാകുമ്പോഴേ കല്യാണം കയമാകും വയസ് അറുപത് കഴിഞ്ഞു എനിക്ക് ഈ കാലത്തിനിടയ്ക്ക് ഒരു കല്യാണത്തിനും ഇത്രയും ഗംഭീരമായൊരുക്കം ഞാൻ കണ്ടിട്ടേ ഇല്ല ആരും കാണാത്തത് കാണിക്കുമ്പോഴാണ് ഈ നാട്ടിലെ ഓരോ കല്യാണത്തിന്റെയും മാറ്റുകൂടുന്നത് കണ്ണന്റെ കല്യാണത്തെ കവച്ചു വെക്കാനേ മറ്റൊരു കല്യാണം ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണത്തിന്റെ ഡെക്കറേഷനും പബ്ലിസിറ്റിയും പട്ടവിതരണവും ഞാൻ ഏറ്റെടുത്തത് പട്ടവിതരണം അതെ തലേന്നാളത്തെ വെള്ളംകളി അപ്പോ വള്ളംകളി വള്ളംകളിയല്ല വെള്ളംകളി വാട്ടീസരി കുഞ്ഞപ്പമാ നോക്കിക്കെ ഇത് ഗൾഫുകാരൻ സുജാതന്റെ അരണ കല്യാണമല്ല കച്ചവടക്കാരൻ മുഹമ്മദ് കുട്ടിയുടെ പിശുക്ക് കല്യാണമല്ല ഇത് കരുണന്റെ കല്യാണ ഇതിനെ വെല്ലാൻ മറ്റൊന്നുണ്ടാവില്ല ദൈവമേ ഇതാരോടുള്ള പക തീർക്കലാണ് കല്യാണ തലേന്ന് കുടിച്ചു പണമെറിഞ്ഞു ചൂതാടിയും നികൃഷ്ടമാക്കപ്പെട്ട ഒരു പന്തലിലേക്കാണല്ലോ കണ്ണൻ തന്റെ ജീവിതസഖിയെ കൈവിടിച്ചു കൊണ്ടുവരുന്നത് ീ മഹാപാദകം അറിയുന്നവരുണ്ടോ ഈ നാട്ടിൽ അങ്ങനെ കല്യാണ ദിവസം അടുത്തെത്തി വീട്ടുമുറ്റത്തും അന്യന്റെ പറമ്പിലുമായി പടുകൂറ്റൻ പന്തലുയർന്നു ഒരാഴ്ച മുമ്പ് തന്നെ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും കൊണ്ട് വീട് നിറഞ്ഞു വരുന്നവരൊക്കെ നല്ല നല്ല അഭിപ്രായവും പറഞ്ഞു മൂക്കറ്റം തിന്നും കുടിച്ചും മതിച്ചും കഴിക്കാൻ തുടങ്ങി ലച്ചൂട്ടിയും കണ്ണനും യാതൊരു കോസലുമില്ലാതെ വിളിച്ചു വരുത്തിയവർക്ക് വിളമ്പിക്കൊടുത്തും വീപ് തടിച്ചും വിലസി അങ്ങനെ നടന്നു ഇതൊക്കെ കണ്ടപ്പോ ഞാൻ ചിത്തിച്ചുപോയി കണ്ണൻ ആരാ കയ്യും കണക്കുമില്ലാതെ ഇങ്ങനെ കാശു വാരിയെറിയാൻ കാലം ചെയ്ത കുറുമ്പാട് രാജാവോ ആ ലച്ചൂട്ടി വീണ്ടും വരുന്നു കുഞ്ഞപ്പേട്ടൻ ചായയും പലഹാരം കഴിച്ചോ ഓവല്ലോ ഒന്നും തൃപ്തിയായി കാണില്ല ആരാ പറഞ്ഞത് ലച്ചൂട്ടിയെ ആ അല്ല ഏർ എന്തിനാ ഈ ഷർട്ടും ഉണ്ടല്ലോ ഇങ്ങനെ മടക്കി വെക്കുന്നത് അല്ല അത് എല്ലാം ഒന്ന് ഒതുക്കി വെക്കാമെന്ന് കരുതി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞപ്പേട്ട ഈ വീടിന് എന്ത് പറ്റി എന്റെ മോനെന്ത് പറ്റി ലച്ചൂട്ടി ഇനി ഇങ്ങനെ കരഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല എല്ലാം അങ്ങോട്ട് നേരെയാവും ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം കുഞ്ഞാട്ടിനെ ഒപ്പൊന്ന് ഉമ്മറത്തേക്ക് വരണം ആരൊക്കെയോ വന്നിരി ഞാൻ അങ്ങോട്ട് വരാം ലച്ചൂട്ടി നടന്നോളൂ പാവൻ ലച്ചൂട്ടി ഉമ്മറ് താരാ വന്നിരിക്കുന്നെന്ന് എനിക്കറിയാം എന്തിനാണെന്നും അറിയാം പക്ഷേ ഞാൻ അങ്ങോട്ടില്ല അപ്പോൾ എവിടെയാ പറഞ്ഞു നിർത്തിയത് കല്യാണം അതിഗംഭീരമായി നടന്നു ഒരു പൂരത്തിനുള്ള ജനം പങ്കെടുത്തു കല്യാണം കഴിഞ്ഞപ്പോൾ കണ്ണന്റെ കയ്യിൽ ഒരു പെണ്ണിനെയും പിടിച്ചേൽപ്പിച്ച് എല്ലാവരും യാത്രയായി പക്ഷേ രാത്രിയായിട്ടും ചിലരൊന്നും അവിടുന്ന് പോയില്ല എന്നാലൊരു സത്യം നമ്മൾ പറയാം അടുത്ത കാലത്തൊന്നും ഒരു മാതാങ്ങം തന്നെയല്ലേ കണ്ണൻ നടത്തിയത് ഞമ്മളൊക്കെ ഒരു ഒത്താശ ഉണ്ടാന്നും പച്ചോളി എല്ലാം ഭംഗിയായി കഴിഞ്ഞു ലച്ചൂടി ഭാഗ്യം ചെയ്തോളാ അത് പിന്നെ പറയാനുണ്ടോന്ന് അത് പോട്ടെ നമ്മളെ പുയ്യണ്ണി പോടാറുള്ളത് അകത്തുണ്ട് ആ മണികരന്റെ അകത്തേക്ക് പോയോ ഇല്ല അവിടെ അജയനും കണ്ണനും പണം എണ്ണിക്കൊണ്ടിരിക്കാവിടരുത് ഇപ്പം അസമോ ഏഹ് നിങ്ങളെന്താന്ന് ചൂടാ കണ്ണും കവറ് എണ്ണി കൊടുക്കല്ലേ അതൊന്നു കഴിഞ്ഞോട്ടെ എത്ര എന്താ അറിഞ്ഞിട്ട് വേണോ ഞമ്മക്ക് സമാധാനത്തോടെ പുരയിലേക്ക് പോകാൻ ഒരു ജാമ്യം അല്ലാണ്ടാണ് ഓനിക്ക് ഞമ്മള് അമ്പതിനായിരം ഉറുപ്യ കൊടുത്തത് അപ്പഴേ ലക്ഷ്മി കുട്ടിയെ ആരും അങ്ങോട്ട് വരുന്നുണ്ടല്ലോ മനസ്സിലായി മനസ്സിലായി കണ്ണനെവിടെ അകത്തുണ്ട് അജയനോ അജയനും അകത്തുണ്ട് എപ്പഴാ പൊറത്തിറങ്ങ അതൊരു വല്ലാത്ത ചോദ്യാണെന്നല്ല പാപ്പ ഇപ്പൊ സമയം പത്ത് കഴിഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം എന്താത്തത് കണ്ണനെ കണ്ടിട്ട് വേണം പോകാൻ തന്നെയാണോ അതെനിക്ക് അറിയണ്ട കൊറേ നേരമായി ഞാൻ പഠിക്കൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വാടക കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പോകാമായിരുന്നു തെച്ചോട്ടിയെ കണ്ണന ഒന്നിങ്ങോട്ട് വിളിക്കൂ മോളെ മോളെ എന്താമ്മേ കണ്ണനെ കാണാനെ ആള് കാത്തിരിക്കുന്ന ചെന്ന് പറഞ്ഞു രൂപ അജയാ നീ ഒന്നുകൂടി എണ്ണി നോക്ക് ഞാനൊരു പത്ത് തവണ എണ്ണി പലതവണ എണ്ണിയെ പണം വർദ്ധിക്കുക സംശയമുണ്ടെങ്കിലേ ഇതാ നീ തന്നെ പിടിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ കവറുകളുടെ എണ്ണം കണ്ടപ്പോ കടവില്ലാതെ നീ രക്ഷപ്പെടുവെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ കവറ് തുറന്നപ്പോ മിക്കതിൽ ആശംസാ കാർഡ് ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇനിയിപ്പെന്താ ചെയ്യാ പന്തലുകാരൻ കുഞ്ഞെ പഠിക്കാത്തിരിപ്പുണ്ട് ഉമ്മർത്ത് മമ്മൂന്നക്ക് മമ്മൂഞ്ചിക്കാനെ പറഞ്ഞ് സമാധാനിപ്പിക്ക പക്ഷെ പന്തലുകാരൻ കുഞ്ഞ് ഓ കഞ്ഞ ദൈവമേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ കൊടുക്കാനുള്ളതോ തൊണ്ണൂറ്റിയെട്ടായിരം മമ്മൂഞ്ഞിക്ക കുഞ്ഞൻ ബാലേട്ടൻ ചന്ദ്രേട്ടൻ എല്ലാ ഏട്ടന്മാർക്കും കൂടി എണ്ണി എടുക്കാൻ മാത്രമോ എല്ലുകൾ കണ്ണാ നിന്റെ ശരീരത്തില് അജയാ ആരാ നോക്ക് അവൻ തന്നെ ആ നീ ചെന്ന് വാതി തുറക്ക് ഇന്ന് രാത്രി എന്റെ മണിവാതിൽ മുട്ടാൻ മാത്രം കഞ്ഞിയല്ല കുഞ്ഞൻ ഉം ചെന്ന് തുറക്ക് രാധയായിരുന്നു എന്താ രാധ കണ്ണാട്ടിനെയും കാത്ത് ഉമ്മറത്ത് ഒന്ന് രണ്ടുപേരിണ്ട് ഞാനത് പറയാനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ആ ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറയും പുറത്തിരിക്കുന്നത് മറ്റാനുമല്ല കുഞ്ഞിനും മമ്മൂനുക്കായി അജയ ഞാനിപ്പോ അവരോട് എന്താ പറയേണ്ടത് നീ ഇപ്പോഴേ ഒന്നും പറയാൻ പോണ്ട ഇന്നൊരു രാത്രി അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം അജയാ നീ വിഷമിക്കേരി കല്യാണം കഴിക്കുന്നതും കടം കയറുന്നതും നാട്ടു നടപ്പാണ് നീ അതേക്കുറിച്ച് ആലോചിച്ച് ആദ്യ രാത്രി അവസാന ഗുഡ് നൈറ്റ് കുഞ്ഞിനെയും മമ്മൂനെയും കൂട്ടി അജയൻ പടിയിറങ്ങി പോയി ഒത്തിരി വൈകിയാണെങ്കിലും വിളക്കണച്ച് ഞാൻ ഉറങ്ങാൻ കടന്നു പക്ഷേ എനിക്കുറക്കം വന്നില്ല പാതിരാത്രിയായി കാണും അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വീട്ടിലേക്കുള്ള പഠിക്കൽ നിന്ന് ഒരു സംസാരം ഒന്ന് പതുക്കെ പറയും അർദ്ധരാത്രിയാണ് പ്ലീസ് ഒന്ന് പതുക്കെ പറയും എനിക്ക് പതുക്കെ പറയാൻ അറിയില്ല കുഞ്ഞ ഓ എനിക്ക് ഇത് ആദ്യ രാത്രിയാണ് ഇപ്പം ഞമ്മളോ അടങ്ങാറാക്കുന്നത് അത്തിരി ശരിയല്ല അത് ഞമ്മക്കോ പണം തരാണ്ട് സംഗതി ശരിയല്ലേ പക്കി വന്ന് വാങ്ങാ പണം അവന്റെ നിങ്ങളൊന്നും മിണ്ടാതിരി അജയൻ എന്താ ഒന്നും മിണ്ടാത്തത് കുഞ്ഞ നീ സമാധാനി നിന്റെ പണം തന്നിട്ട് അവൻ മറ്റാർക്കും പണം കൊടുക്കും അല്ല ഇവന്റെ പണം നിങ്ങക്ക് വാങ്ങിക്കൊടുക്കാ അപ്പൊ ഞമ്മളെ പണോ എന്നാ കേട്ടോളി ആദ്യം ഞമ്മളെ പണം കിട്ടണം എന്നിട്ട് മതിയോടാ പന്തലിനും പത്രാസിനും ഒക്കെ കൊടുക്കുന്നത് മോളെ നിക്കാവിന് വെച്ച പൈസ ഞമ്മളെടുത്തു കൊടുത്തത് പറ്റൂല ഇനി താമസിനു മുമ്പായി തീ ഞമ്മക്ക് അജയ നീ ചെന്ന് കണ്ണനെ വിളിക്കേരും ഒന്ന് കേൾക്ക് ഈ ഒരു രാത്രി നിങ്ങൾ അവനെ ശല്യം ചെയ്യരുത് ഞമ്മക്കോനെ കാണാൻ എന്താ മൈ ഒറ്റ വഴിയേ ഉള്ളൂ ആരും അറിയാതെ അവനെ വിളിക്കുക എനിക്ക് ഇന്ന് രണ്ടിലൊന്നറിയണം ഞമ്മക്കൊന്നറിഞ്ഞാ മതി ഞമ്മളെ പൈസ എന്നാൽ വരീൻ നമുക്ക് പോയി വിളിക്കാം ദൈവമേ എനിക്ക് കണക്കുകൾ തെറ്റുന്നു ഹരിച്ചും ഗുണിച്ചും അക്കങ്ങളിൽ ഭീമമായ നഷ്ടം നാളെ നേരം പുലരുമ്പോൾ കടക്കാരുടെ മുമ്പിൽ കണക്ക് തീർത്ത് എങ്ങനെയാണ് ഞാൻ കൈകഴുകുന്നത് ചോദിച്ചവരെല്ലാം പണം തന്നു കിട്ടിയത് മുഴുവൻ ചെലവഴിച്ചു നാളെ ിൽ എന്തു പറഞ്ഞു രക്ഷപെടും ഈ രാത്രി പുലരുമ്പോൾ ദൈവമേ ഇന്ന് രാത്രി പുലരാതിരുന്നെങ്കിൽ യേശുദാസും വാണിജ്യറും ചേർന്ന് പാടിയ പാട്ടാത് കണ്ണേട്ടൻ എന്തേ ഇപ്പൊ ഈ വരികൾ ഓർക്കാൻ കാരണം അതോ അത് ഇത് ഇത് നമ്മുടെ ആദ്യ രാത്രിയല്ലേ രാധ ഇങ്ങോട്ടിരിക്കോ ഇല്ല കണ്ണേട്ടൻ കണക്കിന്റെ ലോകത്തല്ലായിരുന്നോ വിളിക്കണ്ടാന്ന് കരുതി ക്ഷമിക്കണംാതെ നീ എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞു അല്ലെ സാരമില്ല കണ്ണേട്ടലിന് മുട്ടുന്നു കണ്ണേട്ട എനിക്ക് പേടിയാവണം നീ ഭയപ്പെടണ്ട ഈ ജനവാദി മുട്ടുന്നത് ആരാണെന്ന് എനിക്കറിയാം ആരാ എന്റെ ചില സുഹൃത്തുക്കൾ അവരെന്തിനാ ഈ നേരത്തെ ജനവാതിലിന് മുട്ടുന്നത് എന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്ക അതെന്തിനാ അവർക്ക് ഇതൊരു വേറൊരു തമാശ അല്ലേ ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് വരാം അയ്യോ വേണ്ട ഇപ്പൊണ്ട രാധ ഇങ്ങനെ ഭയപ്പെട്ടാലോ ഞാൻ വേഗം വരാം കണ്ണാ എന്നോടൊന്നും തോന്നരുത് പല വിധത്തിൽ ഞാൻ നോക്കി പക്ഷേ ഇവര് കേട്ടില്ല കണ്ണാ എന്റെ മതിവിധു രാത്രിയില് കൊതി വഴിയായി വിചാരിച്ച് ഇജ്ജ് വിഷമിക്കണ്ട ഞമ്മളെ പൈസ കിട്ടിയാ ഞമ്മള് പോവും പിന്നെ അനക്കും ഞമ്മക്ക് സുഖായിട്ട് കടന്നുറങ്ങോനെ നേരെ ഒന്ന് പിറന്നോട്ടെ രണ്ടുപേർക്കും പണം തരാം എന്തിനാ നേരം പുലരുന്നത് ഇപ്പോ നിങ്ങൾ പണത്തിന് ആവശ്യപ്പെടരുത് അങ്ങനെ പറയരുത് ഇപ്പോ ഞാൻ പണമെടുത്ത് വരുന്നത് കണ്ടാൽ രാധ എന്ത് കരുതും അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട കേൾക്കണം നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനിപ്പോൾ പണം തരില്ല നേരം പുലരാൻ ഇനി കുറച്ചു സമയുള്ളൂ അതിനുമുമ്പ് നിങ്ങളുടെ പണവുമായി ഞാൻ വീട്ടിലെത്തും മമ്മൂണിക്കാ എന്നെ വിശ്വസിക്കണം കുഞ്ഞ ഞാൻ വാക്ക് മാറില്ല നിങ്ങൾ എന്നോട് ദയ കാണിക്കണം പടച്ചോനെ ഞമ്മളിപ്പൊ ഇവനോട് എന്താ പറയേണ്ടത് ആ കണ്ണാ ഞമ്മൾ ഇപ്പൊ കാലത്ത് കാക്ക കരയണതിന് മുമ്പായിട്ട് ഞമ്മളെ പണു അരിഞ്ഞ് ഇല്ലെങ്കിൽ നാളെ സുബേക്ക് ഞമ്മളെ ഇവിടെ എത്തും തീർച്ചയായിട്ടും എത്തിക്കാം നാളെ മുമ്പ് ഇരുപതിനായിരം കാക്ക കരയണതിനു മുമ്പ് അൻപതിനായിരം ദൈവമേ എങ്ങനെ ഇങ്ങനെ ഞാൻ വാക്കുപാലിക്കും കാക്ക കരഞ്ഞു കണ്ണേട്ടാ എങ്ങോട്ടോ ഈ നേരത്ത് നേരെ ശരിക്കും പോലർന്നിട്ടില്ലല്ലോ അത് അത് പിന്നെ കാക്ക കരഞ്ഞത് നീ കേട്ടില്ലേ അതുകൊണ്ടെന്താ നല്ല കഥ അതുകൊണ്ട് എന്താണെന്നു കാക്ക കരയണ സാധാരണയല്ലേ ഇത് സാധാരണ കാക്കയല്ല മമ്മൂണിക്കാക്കയാണ് നീ എന്താ ചിരിക്കുന്നത് ഇനിയിപ്പോ കോഴിയും കൂവും അതും സാധാരണ കോഴിയല്ല കുഞ്ഞം കോഴി യോഹി കണ്ണാടിന് എന്താ പറ്റിയത് ഉറക്കപ്പിച്ച് പറയാ കിടന്നോളൂ ഇല്ല ഇനി എനിക്ക് കിടക്കാൻ നേരമില്ല പിന്നെ പിന്നെ എന്തു ചെയ്യാൻ പോവാ എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട് ഈ നേരത്തോ അതെ ഇത് പതിവുള്ളതാ അതെ പതിവുള്ളതാണ് വ്യായാമം അതെ വ്യായാമം ഉം തടി കുറയ്ക്കാനല്ലേ അല്ല ഉരുക്ക് പോലെ ആവാൻ തൊലിക്കറ്റി നേടാൻ നീ കടന്നോ ഞാനും വരൂ എന്തിന് വ്യായാമം സ്ത്രീകൾക്ക് നല്ലതല്ലേ നല്ലതാണ് പക്ഷേ മാത്രമല്ല കണ്ണേട്ടം തനിച്ചല്ലേ ഓടുന്നത് ആര് പറഞ്ഞു എന്റെ പിന്നാലെ ഓടാൻ ഒരുപാട് പേര് വരുന്നുണ്ട് നീ കടന്നോ പുലർച്ചെഴുന്നിട്ട് ഓടാൻ പോയി ഓടാനോ തടി കുറക്കാനുള്ള വ്യായാമം അവൻ അതിന് മാത്രം തടിയൊന്നും ഇല്ലല്ലോ നീ പറഞ്ഞോ ഓടാൻ ഇല്ല പതി പറഞ്ഞു കള്ളാൻ നേരം പുലർന്നാലും ഉണരാറില്ല ഞാൻ വേണം നിർബന്ധിച്ച് ഉണർത്തേ അപ്പൊ എന്നോട് പറഞ്ഞതോ ആ ഇതിപ്പോ ഒരു പുതിയ പരിപാടിയാണല്ലോ പുരുഷന്മാർക്ക് വ്യായാമം നല്ലതാണ് ശരീരത്തിലെ ദുർമേധസ് ഒക്കെ പോയി കിട്ടും അല്ലേ അല്ല മോള് കള്ളം പറയണ്ട ഭർത്താവിന്റെ ആരോഗ്യത്തില് ഭാര്യ തന്നെ വേണം ശ്രദ്ധിക്കാൻ അമ്മേ അത് ഞാൻ ആ നീ ഒന്നും പറയണ്ട അവൻറെ ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ നീ തന്നെ വേണം മാറ്റിയെടുക്കാൻ അല്ലേ അങ്ങനെ കാര്യങ്ങളുടെ കിടപ്പ് ഏതാണ്ട് കുഞ്ഞ്പക്ക് പിടികിട്ടി എന്ന് പറയാലോ കല്യാണപ്പിറ്റേന്ന് നേരം പുലരും മുമ്പ് ഓടാനിറങ്ങിയ കണ്ണൻ ഉച്ചയായിട്ടും തിരിച്ചെത്തിയിട്ടില്ല കണ്ണനെയും അന്വേഷിച്ച് കാലത്ത് തന്നെ പലരും വീട്ടിലെത്തി കുറേ നേരം കാത്തിരുന്ന് അവരെല്ലാം തിരിച്ചു ഉച്ച കഴിഞ്ഞിട്ടും കണ്ണനെ കാണാത്തതിൽ രച്ചൂട്ടിക്കും രാധയ്ക്കും വേവലാക്കി ഉണ്ടാവില്ലേ നിവർത്തിയില്ലാതെ വന്നപ്പോൾ കണ്ണനെയും അന്വേഷിച്ച് ഞാതന്നെ പുറപ്പെട്ടു സന്ധ്യയായപ്പോൾ ജയന്റെ വീട്ടിൽ വെച്ച് കക്ഷിയെ കസ്റ്റഡിയിലെടുത്തു കടക്കാരെ ഭയന്ന് കല്യാണപ്പിറ്റേന്ന് വീട്ടിൽ നിന്ന് മുങ്ങിയ കണ്ണന് കൈയ്യോടെ ഞാൻ വീട്ടിലെത്തിച്ചു പക്ഷേ അടുത്ത ദിവസവും രാധ പോലും അറിയാതെ കണ്ണൻ ഓടാൻ എന്ന ഭാവത്തിൽ മുങ്ങി ദിവസങ്ങൾ പലതു കഴിഞ്ഞു ആദ്യമൊക്കെ വ്യായാമമാണെന്ന് രാധയും തെച്ചൂട്ടിയും വിശ്വസിച്ചു പിന്നെ പിന്നെ രാവിലെ ഓടാൻ ഇറങ്ങിയാൽ തിരിച്ചെത്തുന്നത് അർദ്ധരാത്രിയാണ് അങ്ങനെ വ്യായാമത്തിന്റെ സമയദൈർഘ്യം കൂടി കണ്ണന്റെ ശരീരം ഇരിഞ്ഞു തുടങ്ങി ഓടാൻ പറ്റാത്തത്ര ശരീരം ക്ഷീണിച്ചു ഈ വ്യായാമം നിർത്തണമെന്ന് തെച്ചൂട്ടിയും രാധയും പറഞ്ഞു നോക്കി പക്ഷേ കണ്ണൻ ഓട്ടം നിർത്തിയില്ല കണ്ണന്റെ പിന്നാലെ കടം ഓട്ടം തുടർന്നു വൃത്തി ഈ കള്ളനും പോലീസും കളി ഈ കുഞ്ഞപ്പയ്ക്കും മനം എടുത്തു എന്ന് പറയാലോ പക്ഷേ ഈ വീട്ടിലെ എല്ലാ സംഭവത്തിലും ഞാനും ഇടപെടേണ്ടി വന്നു ലച്ചൂട്ടിയെ ലച്ചൂട്ടിയെ ആരാടി വരുന്നത് അത് നമ്മുടെ മെമ്പറല്ലേ കണ്ണൻ എവിടെ ഇല്ലല്ലോ കണ്ണനെ അന്വേഷിച്ചു വരുന്നവരോട് സമാധാനം പറഞ്ഞ് മടുത്തു ഇന്നിപ്പോൾ അയാളോട് എന്തു പറയും ലച്ചൂട്ടിയെ നമുക്ക് ഒരു കാര്യം ചെയ്യാം വീട് അടച്ചു കൂട്ടി ഇങ്ങോട്ടെങ്കിലും പോവാം എന്തെയ്യ് മെമ്പർത്തി അപ്പളേ നീയേ നീ അങ്ങോട്ട അവിടുത്തേക്ക് പോയിക്കോളൂ ആ വരൂ വരൂ ഇരിക്കൂ ഇല്ല ഇരിക്കാൻ എനിക്ക് സമയമല്ല ഒരു മെമ്പറുടെ ജോലി തിരക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ അതെ മനസ്സിലാവില്ല എന്നാലും ഇച്ചിരി ദൂരം നടന്നു വന്നതല്ലേ കണ്ണൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കോടി ഞാൻ എത്തിയത് എനിക്ക് പോകാൻ തിരക്കും കാണോ കണ്ണൻ ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞു പറഞ്ഞത് ആരോ ഓട്ടെ ആ കണ്ണനെ വിളിക്കൂ കണ്ണ ഇവിടെ ഇല്ലല്ലോ കള്ളൻ പറയരുത് ഒത്തിരി തിരക്കിനിടയിൽ കണ്ണനെ കാണാൻ ഞാൻ ഇവിടെ വരുന്ന പതിനഞ്ചാമത്തെ തവണ വന്നതും നിങ്ങൾക്കറിയോ എന്റെ കയ്യിലുള്ള കാശ് എടുത്തല്ല ഞാൻ അവനെ സഹായിച്ചത് പലരോടായി വാങ്ങിക്കൊടുത്തതാ അവരെല്ലാം എന്നോട് മുഷിഞ്ഞിരിക്കാല് എന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകർന്നു പോകും നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ഇതുവരെ ഒരു പരിഹാരം കണ്ടോ നിങ്ങൾ ഞാൻ എന്ത് ചെയ്യാനാ ഒന്ന് ചോദിക്കട്ടെ നിങ്ങളല്ലേ വീട്ടിലെ നിങ്ങൾ വേണം അവന് ഉപദേശം കൊടുക്കാൻ അല്ല ഞാൻ വകയിൽ ഒരു ബന്ധു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവാകാൻ പറ്റില്ല കല്യാണ സദ്യക്ക് ലിസ്റ്റ് ഇടുമ്പോ അധ്യക്ഷ സ്ഥാനത്തിരുന്നത് നിങ്ങളല്ലേ അതെ അതെ അതുകൊണ്ട് എവിടെ നിന്നോ വന്ന എന്നെയും കൂട്ടുപ്രതി ആക്കാനാണോ ശ്രമിക്കുന്നത് കുഞ്ഞപ്പ ഇന്ന് നാളെ വകയിൽ മറ്റാരുടെയെങ്കിലും കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കണ്ണന് വന്നുപെട്ട ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാതെ നിങ്ങളെ വീട്ടിൽ നിറക്കി വിടുന്ന പ്രശ്നമേയില്ല ശിവമേ ലച്ചൂടിയമ്മേ ലൂട്ടിയമ്മ പെറ്റ തള്ളയല്ലേ വല്ല പരിഹാരം ഉണ്ടോന്ന് നോക്കാലോ ആ ലച്ചൂടിയമ്മേ കണ്ണൻ ഈ പോക്ക് പോയാലേ കുരുത്തം പിടിക്കില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ മെമ്പരെ അങ്ങനെയൊന്നും പറയരുത് ലച്ചൂട്ടിയമ്മേ നിങ്ങൾ ഓരോരുത്തരോടും ഓരോ വോട്ടിന്റെ സ്നേഹം എനിക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ചോദിക്ക ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഞാൻ പറയേണ്ടത് അതും ഞാൻ പറഞ്ഞിരണോ ഒന്നും അറിയാത്തൊരു അമ്മയാണ് ഞാൻ എന്നോടൊന്നും ഇങ്ങനെ കരഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാ മുമ്പോട്ട് നീങ്ങുന്ന മെമ്പറേ മെമ്പർ ദയവായി അവളോടൊന്നും ചോദിക്കരുത് ഇല്ല ഒന്നും ചോദിക്കുന്നില്ല ഓ ഞാനാകപ്പെട്ട ഈ പ്രശ്നത്തിന് ഞാൻ തന്നെ പരിഹാരം കണ്ടിട്ടുണ്ട് എന്താണോ പരിഹാരം പറയാം കണ്ണന്റെ ഭാര്യ വിളി പാവം കൂട്ടി കരച്ചിലൊഴിഞ്ഞ നേരമില്ല അതിന് എല്ലാരും ഇങ്ങനെ കരയാൻ തുടങ്ങി ഞാൻ എന്താ ചെയ്യാ എനിക്ക് കിട്ടാനുള്ള പണം കിട്ടിയേ പറ്റൂ അവളെ വിളിക്കൂ വേണ്ട വിളിക്കണ്ട നിങ്ങൾ പണം കൊടുത്തത് കണ്ണനാണ് നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് മാസം രണ്ടായി ഇന്ന് വരെ ആ കണ്ണനെ എന്റെ കൺമുട്ടത്ത് കിട്ടിയിട്ടില്ല ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം നിങ്ങൾ രാധയെ വിളിക്കുന്നുണ്ടോ ഞാനിവിടെ സാര കണ്ണട സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരേണ്ടവളല്ലേ ഞാൻ ഇയാൾക്ക് എന്താ പറയാനുള്ള വെച്ചാൽ കേൾക്കാം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല രാധയുടെ കയ്യിൽ ആഭരണങ്ങൾ പണയം വെച്ചോ വിറ്റോ എനിക്ക് പണം തരണം ഒരുത്തിനെ സഹായിച്ച പേരിൽ ഒരാഴ്ച മുഴുവനും അതിന് പിന്നാലെ നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്താ വേണ്ടതെന്ന് രാധാനെ തീരുമാനിക്ക അതിപ്പോ അവൻ എവിടെ ഇല്ലാതെ അതെ അവൻ വരട്ടെ അവനോട് ചോദിച്ചിട്ടാവലോ രാധ എന്താ ഒന്നും മിണ്ടാത്തത് അയ്യോ അതാ അടുത്തവിടെ വരുന്നു മമ്മൂന്നല്ലേ വരുന്നത് അങ്ങനെ പലരും വരും രാധാൻ മറുപടി പറയും രാധയുടെ ആഭരണങ്ങൾ എടുത്ത് വിറ്റ് എന്റെ പണം തരാൻ പറ്റുമോ അതിനും വേണ്ടിക്കൊണ്ട് കാത്തു കുത്തിരി ഇനി മുപ്പതിനായിരം ഉപയോഗം നമ്മക്ക് തരാനുണ്ട് യാണങ്ങാട്ടടുത്ത് ഇനി ഒരു നിമിഷം കാത്തുതിരിക്കാൻ ഞമ്മക്ക് പറ്റൂല മമ്മൂന്നെ കണ്ണനെ ആദ്യം കണ്ടുപിടിക്ക് മൂക്കെട്ടം കടങ് കയറി മുങ്ങി നടക്കുന്നവനെ കണ്ടുപിടിക്കാൻ ഞമ്മക്ക് നേരല്ലോ ആവരണങ്ങൾ ഞമ്മക്ക് വേണോ ആരണം വിൽക്കുന്ന ഐഡിയ ഇവിടെ ആദ്യം പറഞ്ഞത് ഞാനാ അത് വിറ്റ് ആദ്യം എന്റെ കടം വീട്ടണം വല്ലാണ്ടല്ലേ പെരുത്തു വീട്ടു മമ്മൂന്നെ പിടിവാശി എന്നോട് വേണ്ട നമ്പറേ നേരും നിറയുമില്ലാത്ത ഒരു കള്ള ബടുക്കൂസനെ സഹായിച്ചതിന്റെ പേരില് നട്ടഭിരാതി കിട്ടി നടക്കുന്നവനാന്ന് ഇപ്പൊ ഞമ്മള് ഈ നേടയില് ഇനി ഞമ്മൾ അടങ്ങാനാക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മക്കിടയിൽ എന്തിനാ ഇങ്ങനെ ഒരു ശത്രുത കല്യാണം കഴിച്ച് കള്ളനെ നടക്കുന്ന കണ്ണനല്ലേ നമ്മുടെ മുഖ്യ ശത്രു അതും നേരെ തന്നെയാണ് പക്ഷേ ആഭരണം വേണം ആഭരണങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആരും തർക്കിക്കണ്ട എന്ത് ചെയ്യണമെന്ന് കണ്ണൻ വന്നിട്ട് ആലോചിക്കാം അതാ ഒരു കാര്യം കേട്ടോ കണ്ണൻ ദുരിയാവിലോടെ പോയി വിളിച്ചാലും ശരി ഓന ഞമ്മള് പൊക്കൂ മാത്രമല്ല ഈ കുട്ടിന്റെ കാലത്ത് മമ്മൂ ഞാനും ഉണ്ട് നിന്റെ കൂടെ ഇതാ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ കടം കൊടുത്തവർ ഇന്നുപോലെ ഒറ്റക്കെട്ടാ കടം വാങ്ങിയ കണ്ണൻ ഒറ്റയ്ക്കാണ് ഈ വാർഡിലെ മെമ്പർ എന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ് കൊറുമ്പനയുടെ അംശം ദേശത്ത് കണ്ടോത്ത് കണ്ണൻ പാപ്പര് കണ്ടോത്ത് കണ്ണൻ പാപ്പര് കണ്ടോത്ത് കണ്ണൻ പാപ്പരാണ് ൾ കരയുന്നതിലും ചിരി വരുമ്പോൾ ചിരിക്കുന്നതിലും പിശുക്ക് കാണിക്കരുത് കുഞ്ഞിപ്പ മനസ്സിൽ കുറുകി വരെന്നെല്ലാം തുറന്നു പറയൂ കുറച്ചു മുമ്പ് കേട്ടത് എന്റെ കണ്ണേട്ടന് സമൂഹം അവൾ എന്തായി പറയണത് ിൽ എപ്പോഴെങ്കിലും നേരം പുലരും മുമ്പ് ഞാൻ പോലും അറിയാതെ ഇങ്ങോട്ട് പോവും കുഞ്ഞു പോവുമ്പോ എന്റെ കണ്ണേട്ടം ചൂഷിച്ചു പോയി റണവാദിത മനസ്സിനെ റണപ്പെടുത്തും മോള് വിഷമിക്കണ്ട ഏതു പ്രശ്നത്തിനും ഒരു പ്രതിവിധിയുണ്ടാവും പാപ്പരായി പ്രഖ്യാപിച്ചവർ തന്നെ തിരുത്തി പറയും കുട്ടി പറയും സമൂഹം ഈ പപ്പടം കുങ്ങനെ പാതാളം അനുഗ്രഹം തന്നെയാണ് അല്ലേ കണ്ണ നിനക്ക് ഒളിച്ചിരിക്കാൻ ഇതുപോലൊരു സ്ഥലം കണ്ടെത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെ ഈ വിധത്തിൽ ഒരു കള്ളനാക്കാനും നീ ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ആ പറഞ്ഞത് തിരുത്തണം സ്വന്തം കൊള്ളരുതായ്മയാണ് നിന്നീ ഗതിയിലെത്തിച്ചത് നീയെല്ലാം ചേർന്നല്ലേ മാടക്കി ക്ഷണിച്ചതും വന്നവർക്കെല്ലാം കോയി ബിരിയാണിയും അത്യാവശ്യക്കാർക്ക് മറ്റവനും ഒഴിച്ചു കൊടുത്ത് അതിനെല്ലാം പുറമെ ഗാനമേളയും എന്തൊക്കെയായിരുന്നു പൂരം ആർഭാടം കാണിച്ച് അരക്കാശിന് വിലയില്ലാതായപ്പോഴാ ഇതൊക്കെ പറയുന്നതല്ലേ കണ്ണാ തൽക്കാലം നിനക്ക് രക്ഷപ്പെടാൻ എന്റെ മനസ്സിലൊരു മാർഗ്ഗം തോന്നുന്നു എന്താണ് രാധയുടെ കൈവശമുള്ള ആഭരണങ്ങൾ എടുത്ത് വിറ്റ് കിട്ടുന്ന പടം കടക്കാർക്ക് കൊടുക്കുക ബാക്കി വരുന്നതിന് ഒന്നോ രണ്ടോ മാസത്തെ അവധിയെടുക്കുക അത് എന്താ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസമാവും മുമ്പ് എല്ലാമെടുത്തും വിറ്റാൽ രാധയുടെ വീട്ടുകാർ എന്ത് കരുതും കടം തന്നവരെ ഇനിയും കബളിപ്പിച്ച് നടന്നാലേ അവർ നേരെ പോകുന്നത് നിന്റെ ഭാര്യ വീട്ടിലാകും അതിലും നല്ലതല്ലേ ഈ മാർഗം എന്നാലും ആഭരണങ്ങളില്ലാതെ രാധ അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കില്ലേ അതിനെല്ലാം വഴിയുണ്ട് വിൽക്കുന്ന ആഭരണങ്ങൾക്ക് പകരം അതേ ഫാഷനിലുള്ള മുക്കുവട്ടങ്ങൾ മാർക്കറ്റിൽ കിട്ടും അത് വാങ്ങണം അതിട്ടു നടന്നാൽ രാധക്ക് കള്ളനെയും പേടിക്കണ്ട നിനക്ക് കണക്കാരെയും പേടിക്കണ്ട അജയ ഇനിയൊന്നും ചിന്തിക്കേണ്ട ഇതാണ് നാട്ടു തൽക്കാലം കണക്കിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്കിതേ മാർഗമുള്ളൂ ഇത്രയേറെ കടം വരുത്തി വെച്ചോണ്ട് ഒരാഘോഷമാക്കണായിരുന്നു നമ്മുടെ വിവാഹം ജീവിതത്തിൽ ഒരിക്കലല്ലേന്ന് കരുതി ക്ഷണക്കത്ത് വിതരണം ചെയ്തു തുടങ്ങിയപ്പോഴെ നിയന്ത്രണം എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ായം പറയാനും തൽക്കാലം സഹായിക്കാനും പലരും എത്തി എന്റെ വിവാഹം കേമമാക്കാനുള്ള എല്ലാവരുടെയും ശുഷ്കാന്തി കണ്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി ഇനിയിപ്പെന്താ ചെയ്യുക ഈ രണ്ടു വളകളും ഈ മാലയും ഞാൻ തരാം അതുകൊണ്ടൊന്നും എന്റെ കടം തീരില്ല രാധയ്ക്ക് പ്രയാസം തോന്നരുത് നമുക്ക് പിന്നീടൊരിക്കൽ എല്ലാം തിരിച്ചു വാങ്ങാം കണ്ണേട്ടം പറഞ്ഞു വരുന്നത് ആഭരണങ്ങളെല്ലാം തൽക്കാലം നമുക്ക് വിൽക്കാം ഞാൻ തരില്ല രാധ ഇല്ല മറ്റൊന്നും ഞാൻ തരില്ല രാധയുടെ പ്രയാസം എനിക്ക് മനസ്സിലാവും വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം കഴിയും മുമ്പ് തന്നെ എല്ലാ ആഭരണങ്ങളും എടുത്തു വിൽക്കുന്നത് പക്ഷേ അതിനും വലിയാണ് അപ്പോൾ രാധയ്ക്ക് എന്നെക്കാൾ വലുത് ആഭരണങ്ങളാണ് അല്ലേ അങ്ങനെ പറയരുത് എനിക്ക് തന്നെയാ എങ്കിൽ എന്നെ ഇപ്പോൾ നീ ഒന്നും സഹായിക്കുക ആഭരണങ്ങൾ അണിഞ്ഞു നടക്കാനുള്ള നിന്റെ കൊതി എനിക്ക് മനസ്സിലാവും പക്ഷേ അതിന് വലുതാണോ നിന്റെ കണ്ണേട്ടന്റെ മാനമെന്ന് നീ ചിന്തിച്ചു നോക്ക് മോളെ നീ ആഭരണങ്ങൾ അവന് കൊടുക്ക് പിന്നീട് അവൻ തന്നെ നിനക്ക് വാങ്ങി തരും മോള് കരയരുത് ഇതൊക്കെയാണ് നാട്ടു നടപ്പ് ഹർത്താവിന്റെ കഷ്ടത്തിലും നഷ്ടത്തിലും അവനോടൊപ്പം എന്തും സഹിക്കാൻ ഭാര്യ ഉണ്ടാവണം കണ്ണനും ഇഷ്ടമുണ്ടായിട്ടല്ല തൽക്കാലം മറ്റൊരു വഴിയും കൊണ്ടാണ് നീ ഇങ്ങനെ കരയണമെന്നില്ല കണ്ണന്റെ സ്വസ്ഥയേക്കാൾ നിനക്ക് വലുത് നിന്റെ ആഭരണങ്ങളാണെങ്കിൽ കൊടുക്കണ്ട അവനെ സഹായിക്കാൻ നിന്നെ കൊണ്ട് വേണ്ട ഒരു കാര്യം ഞാൻ പറയാം തലയോളം കടം കയറി അവനെന്തെങ്കിലും അവിവേകം കാണിച്ചാൽ അമ്മയെ കണ്ണേട്ട എന്നെ ഒരുപാട് വെറുത്തു എല്ലാവർക്കും എന്നോട് വിരോധമായി സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുന്ന കണ്ണേട്ടമ്മ ആശ്വസിപ്പിക്കാൻ എപ്പോഴും അരികിലെത്തുന്ന കുഞ്ഞപ്പമ അങ്ങനെ എല്ലാവരും വെറുത്തു അവരെല്ലാം വെറുത്തെങ്കിൽ എന്താ തെറ്റ് നിനക്ക് ഞങ്ങൾ ആരെക്കാളും വലുത് നിന്റെ ആഭരണങ്ങളാണല്ലോ ഇനിയും എന്റെ അരികുന്നു പിച്ചുംപേയും പറയാതെ പോകുന്നുണ്ടോ കണ്ണേട്ടൻ സ്നേഹം അഭിനയിച്ചു കാണിക്കാനുള്ളതല്ല അനുഭവത്തിൽ പങ്കുവെക്കണം ആഗ്രഹമുണ്ട് എനിക്കത് പറ്റുന്നില്ല എന്തുകൊണ്ട് അത് ഞാൻ എങ്ങനെ പറയും എന്തിനാ എന്റെ കാലത്തിൽ വീഴുന്നത് എഴുന്നേൽക്കു എന്നോട് ക്ഷമിക്കണം ഈ ആഭരണങ്ങളെല്ലാം വാങ്ങിക്കോളും എനിക്കിതൊന്നും അണിഞ്ഞ് നടക്കാനുള്ള മോഹല്ലേട്ടതുകൊണ്ട് പോയി വിൽക്കുകയോ പണയം വെക്കോ ഒന്നും ചെയ്യരുത് പിന്നെ അവസാന നിമിഷം കാലി മാറി മറ്റൊരു മാർഗം കാണാതെയാ എനിക്കിതെല്ലാം ധരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വന്നത് നാലഞ്ചു മാസത്തിനുള്ളിൽ അച്ഛനെല്ലാം വാങ്ങിത്തരും ഒന്നും മനഃപൂർവല്ല ഇതിപ്പോ ഇടി വെട്ടിയവന് പാമ്പ് പഠിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോ എനിക്ക് ഭ്രാന്ത് പിടിക്കും അജയ ഇത് വിശ്വാസവഞ്ചനയാണ് അല്പം മാന്യത അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ വിവരം നേരത്തെ പറയാമായിരുന്നു ഇത് ചതിയാണ് ഇതിന് യാതൊരു ദേദാക്ഷിണിയും കൊടുക്കരുത് നമ്മളവരോടൊന്നും ആവശ്യപ്പെട്ടല്ലോ വിവാഹം ഉറപ്പിച്ച് ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല രാധയെ എത്രയും പെട്ടെന്ന് അവളുടെ വീട്ടിൽ കൊണ്ടുവിടും അവളൊരു പാവമാണ് അജയ നീ ഭീകരനാണോ ഇതിന് പ്രതികരിച്ചില്ലെങ്കിലേ അവരുടെ അതിസാമർഥ്യം വിജയിച്ചെന്ന് വരൂ മാത്രമല്ല നിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പരാധീനതയിൽ നമ്മളത് അല്പം പ്രായോഗികമായി ചിന്തിച്ചേ പറ്റൂ ഇന്നു രാധയെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടൂ അതിപ്പോ അജയ രാധ അവൾ പാവമാണ് നീ ഇങ്ങനെ ശുദ്ധ മണ്ഡനായി പോയല്ലോ അതുകൊണ്ടാണല്ലോ എല്ലാ മണ്ടത്തരങ്ങളും എന്റെ പിന്നാലെ ജാഥയായി വരുന്നത് ഇനിയിപ്പോൾ രാധ എന്തെങ്കിലും കടും കാണിച്ചാൽ അവരുടെ വീട്ടിൽ നിന്നാവൂല്ലോ എവിടെ നിന്നായാലും സ്ത്രീ പേടണം നീ ഇങ്ങനെ പേടിച്ചിരുന്നാലേ കാര്യങ്ങൾ കൂടുതൽ വഷളാവൂ മെമ്പറും അമ്മനൊക്കെയും നിന്റെ കൈയ്യോടെ പൊക്കാൻ നടക്കുകയാണ് അവരുടെ കൈ പേടും മുമ്പ് നീ രാധയെ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നു വിട് എന്നിട്ട് അച്ഛനോട് സ്വർണ്ണാഭരണങ്ങളോ പണമോ തരാൻ പറയാം അത് കിട്ടിയിട്ട് രാധയെ കൂട്ടാൻ വരൂന്ന് പറയും രണ്ടു ദിവസം മോളെ വീട്ടിലിരിക്കുമ്പോഴേ അയാള് പണവുമായി എന്റെ പുറത്തിൽ വരും അജയ പൊന്നിന്റെ തൂക്കത്തിൽ പെണ്ണിനെ അളക്കുന്നത് ശരിയാണോ ഒരിക്കലും ശരിയല്ല പക്ഷേ തൽക്കാലം മനസ്സുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനം എടുത്താലേ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ നീ ഒന്നും ആലോചിക്കണ്ട രാധ രാധെ പോയി അമ്മേ അമ്മേ കണ്ണാ അവരിവിടെ ഇല്ല എവിടെ പോയി ഡോക്ടറെ കാണാൻ പോയിരിക്ക എന്തിന് രാധ ഒന്ന് രണ്ട് തവണ ഛർദിച്ചു മനസവും കുറവാണെങ്കിലും ഇവിടെ ആർക്കും വലിച്ചു വാരി തിന്നുന്നതിന് ഒരു കുറവില്ലല്ലോ ആ അതിരിക്കട്ടെ നീ എന്താ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് പകൽ സമയം നീ ഇവിടെ വരാറില്ലല്ലോ ഇപ്പൊ തന്നെ നിന്നെ ഒരുത്തം വന്ന് അന്വേഷിച്ചു പോയതേയുള്ളൂ ഈ ഒളിച്ചുകളി അധികം നടക്കില്ല ഒരിക്കൽ പിടിക്കപ്പെടും ആ രാധ ആഭരണങ്ങൾ തന്നില്ല അല്ലേ അത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു കണ്ണാ നിന്റെ മനസ്സ് വളരെ വലുതാണോ അതുകൊണ്ടാണല്ലോ എല്ലാ വലിയ ദുഃഖങ്ങളും എന്റെ മനസ്സിൽ വന്ന് വീഴുന്നത് എല്ലാം കുഞ്ഞമാമയ്ക്ക് മനസ്സിലായി എന്ത് രാധ എല്ലാം എന്നോട് പറഞ്ഞു എന്ത് പറഞ്ഞു മുക്കണ്ടമണിഞ്ഞ് വിധിവേഷം കിട്ടിയ കഥ ആ ലോട്ടി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ആ പാവം പെണ് നീ അവളെ ഉപേക്ഷിക്കരുതെന്ന് പറയാൻ എന്നോട് അപേക്ഷിച്ചിരിക്കുകയാണ് ഓ വക്കാലത്തിന് ഫീസ് എത്രയാ സ്നേഹം വകയിൽ ഒരു മരുമകളുടെ സ്നേഹം കൂടി കുഞ്ഞപ്പയ്ക്ക് കിട്ടും ആ അല്ല എന്താ നിന്റെ തീരുമാനം ആ ഞാൻ ചില തീരുമാനങ്ങളെടുത്താണ് ഇങ്ങോട്ട് പോന്നത് അതെന്താണെന്നാ ചോദിച്ചത് ഈ വഞ്ചനക്ക് പകരം വിടണം എങ്ങനെ രാധ ഇന്നു അവളുടെ വീട്ടിൽ കഴിയും തീരുമാനിച്ചോ അല്ല സ്വന്തം തീരുമാനമാണോ എന്താ ഇത്രയൊന്നും തീരുമാനിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലേ കണ്ണാ നിന്റെ മനസ്സിന് കഴിയില്ല ആര് പറഞ്ഞു ഞാൻ പറയുന്നു കാണാം അവളിങ്ങ് വരട്ടെ ലച്ചൂട്ടിയോട് നീ എന്ത് പറയൂ അമ്മയോട് എന്ത് പറയണോന്ന് എനിക്കറിയാം പറ്റില്ല കാണാ നിന്നെ കൊണ്ട് പറ്റില്ല കുഞ്ഞപ്പോ മാമ എന്നെ കൊണ്ട് വാശിപ്പിക്കരുത് അതാ ലച്ചൂട്ടിയോട് ആദ്യം പറ്റി പതുക്കെ ആ പതുക്കെ ആ കണ്ണാ നീ ഇവിടെ ഉണ്ടായിരുന്നോ നോക്കി നിൽക്കാതെ വന്ന് ഇപ്പ എണ്ണിന്റെ കൈ പിടിക്കടാ പാവം വാടി പോയി മെല്ലെ മെല്ലെ മെല്ലെ ഡോക്ടർ എന്തു പറഞ്ഞു മരുന്ന് വല്ലതും തന്നോ ഇതിനിപ്പ മരുന്നൊന്നും വേണ്ട വിശ്രമാണ് ആവശ്യം അതായത് ആ അത് തന്നെ ഇവനൊരു അച്ഛനാവാൻ പോണു കണ്ണൻ പകലിറങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടാവും ഇതൊക്കെ അറിഞ്ഞിട്ട് ഇവന്റെ മുഖത്ത് എന്താ ഒരു ഗൗരവോ ഇവൻ രാധയും കൂട്ടി വീട്ടിൽ പോകാൻ വന്നതാ ആ ഇനി ഒന്ന് രണ്ട് മാസത്തേക്ക് ഇവിടെ നിന്ന് എവിടെയും ഞാൻ വിടില്ല ഏ ആ കുഴഞ്ഞല്ലോ ും എല്ലാം എങ്ങനെ പറയണം പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം കടം വീട്ടാമെന്ന് കരുതിയപ്പോൾ കഴുത്തിലും കാതിലും കിടന്നതെല്ലാം മുക്ക് വീട്ടിൽ കൊണ്ടു ആ നെറികെട്ട തന്തയെ വിരട്ടി കാജു വാങ്ങാമെന്ന് കരുതിയപ്പോൾ ഒടുക്കത്തെ ഒരു ഗർഭം ശനിയും തോൽപ്പിക്കണം നിനക്കെന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് അലസിപ്പിക്കും അത്രയെങ്കിലും മനസമാധാനം കിട്ടട്ടെ എനിക്ക് കുഞ്ഞപ്പാതിൽ തുറക്ക് എന്താ നീ എന്റെ കൂടെ പുറത്തേക്കുവാടോ കണ്ണാ ഇങ്ങനെ ഉച്ചത്തിൽ ബഹളം വെച്ചാൽ തൊട്ടടുത്ത മുറിയിൽ കിടക്കുന്ന കേൾക്കില്ലേ എനിക്ക് ഉറക്കം വരണമെങ്കിൽ പാതിര കഴിയും നിന്റെ സംസാരം ഞാൻ കേട്ടു നീ എന്തിനാ പെണ്ണിനോട് ഇങ്ങനെ കയറുക്കുന്നത് ഏ അവൾ എന്ത് തെറ്റാ ചെയ്തത് ഇല്ലാത്ത പണം കല്യാണത്തിന് ഒന്നും പറഞ്ഞ് ദൂർത്തടിച്ച് മൂക്കറ്റം കടം കയറിയതിന് അവളാണോ കുറ്റക്കാരി വീട്ടുകാർ ചേർന്ന് കാണിച്ച സൂത്രത്തിൽപ്പെട്ട് ഒരു വിവാഹ ജീവിതം ഈ വീട്ടിലേക്ക് കയറി ആ പെണ്ണിനെ ശിക്ഷിച്ചത് പോരേ അവസാനം അവൾ ഗർഭിണിയായതും അവളുടെ മാത്രം തെറ്റാണോ കുഞ്ഞപ്പമാമേ മിണ്ടരു അവളുടെ വയറ്റിൽ വളരുന്നത് നിന്റെ കുഞ്ഞാണ് അതിനെ കൊല്ലാൻ പറയാൻ മാത്രം നികൃഷ്ടമായി പോയോ നിന്റെ മനസ്സ് കുഞ്ഞപ്പമാമേ ഞാൻ ഒന്നും അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു പോവുകയാണ് കണ്ണ സ്വന്തമായി ആരുമില്ലാത്തവനാണ് ഞാൻ ഒരു മകനോ മകളോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോവാറുണ്ട് ഈ കുഞ്ഞപ്പമാമ നീ ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല കണ്ണ കുഞ്ഞ എന്നോട് എന്നോടല്ലോടോ നീ മാപ്പ് പറയേണ്ടത് രാധയോടാണ് അവളുടെ കഴുത്തിൽ മുക്കുബണ്ടമാണെങ്കിലും മനസ്സിന് സ്വർണത്തേക്കാൾ ശുദ്ധിയും വിലയുമില്ലേ ഉണ്ട് പിന്നെ എന്തിനാണോടോ സ്വത്തും സ്വർണവും എല്ലാം അറിഞ്ഞനുഭവിക്കാൻ തയ്യാറുള്ള ഒരുത്തിക്കൂടെയുള്ളപ്പോൾ നീ എന്തിനു ഭയപ്പെടണം കണ്ണാ കണ്ണാ ആരും അങ്ങോട്ട് ടോർച്ചടിച്ച് വരുന്നുണ്ടല്ലോ ശരിയാണല്ലോ ടോർച്ചുകൾ ഒന്ന് രണ്ടും അല്ല വീടിന് ചുറ്റും ടോർച്ചടിച്ച് അടുന്നുണ്ടല്ലോ ഏഹ് അവരിങ്ങോട്ടാണ് വരുന്നത് ആ എനിക്ക് മനസ്സിലായി അവരാണ് കടം തന്നവർ അവരെന്നെ കൈയോടെ പിടിക്കാൻ വരികയാണ് കണ്ണ നീ അകത്തേക്ക് പോ ഇല്ല ഇനി ഞാൻ ഒളിക്കുന്നില്ല അവരുടെ മുമ്പിൽ കീഴടങ്ങുകയാണ് കണ്ണ നീ അകത്തേക്ക് പോ നിങ്ങളാരും ഭയപ്പെടേണ്ട ഇവരുടെ കടം തീർക്കാൻ ഞാൻ വഴി കണ്ടിട്ടുണ്ട് ഇനിയും രക്ഷപ്പെടാൻ എനിക്ക് പറ്റില്ല എല്ലാരും എക്കാലവും പറ്റിച്ച് ആർക്കും നാട്ടിൽ ജീവിക്കാനും കഴിയില്ല അല്ലേ ഇവനോടൊന്ന് വേണ്ട വേണ്ട വേണ്ട വേണ്ട ഇന്ന് ഇവിടെ വെച്ച് എല്ലാവർക്കും കിട്ടാനുള്ള പണത്തിന് ഒരു തീരുമാനമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു അന്യന്റെ പണം കൊണ്ട് കല്യാണം അടിച്ച് പൊളിച്ചല്ലേ എന്താ പറയാ വിചാരിച്ചു നമുക്ക് നടക്കാം അസഭ്യം പറയുന്നത് വായിൽ നാടല്ലേ അല്ലെ എന്താണ് അങ്ങനെ തീരുമാനം എല്ലാവരുടെയും പണം ഞാൻ തരാം എപ്പോ തരാമെന്നാ പറയുന്നേ ഈ വീടും പറമ്പും ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചോണ്ടായില്ലോ ഈ വീടും പറഞ്ഞു നിൽക്കാൻ ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്താം ഇത് വിറ്റിട്ട് നിങ്ങളുടെ പണം ഞാൻ ഞാൻ തരാം ബാക്കി വരുന്നത് എനിക്ക് തന്നാൽ മതി ഇത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കോടോ ഇതിന്റെ ആധാരം ഇപ്പൊ തന്നെ ഞാൻ മെമ്പറെ ഏൽപ്പിക്കാം ആ അതുപോലെ എന്താ മാമ നീക്കാം അതുപോലെ ഇതാധാരം നാളെ തന്നെ വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ ശരി പോവാൻ കരയരുത് ഈയൊരു വഴിയെ ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കി പണം കൊണ്ട് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു തുണ്ട് സ്ഥലം നമുക്ക് വാങ്ങാം അവിടെ ഒരു കുടിൽ വെച്ച് ആരെയും ഭയപ്പെടാതെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം അങ്ങനെ കല്യാണം കഴിച്ച് കണക്കില്ലാതെ കടം വരുത്തി വെച്ച കണ്ണൻ അവസാനം ഈ വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഈ വീടിന്റെ വരാന്തിയിൽ വിൽപ്പന നടക്കുകയാണ് തക്കത്തിൽ കച്ചവടം ചെയ്യാൻ ഒക്കത്ത് കാശുമായി വന്നവരുടെ വിരവേശം നടക്കുകയാണവിടെ ആ ഇതാ ചൂട്ടി വീണ്ടും വരുന്നു കുഞ്ഞപ്പേട്ട കച്ചവടം നടന്നു കണ്ണൻ കാശു വാങ്ങി കടക്കാർക്ക് എല്ലാം കൊടുത്തു ആ കൊടിയടം പോയാലും വേണ്ടില്ല കണ്ണന്റെ കടം തീർന്നല്ലോ ലച്ചൂട്ടി വിഷമിക്കണ്ട കണ്ണൻ ചെറുപ്പമല്ലേ നല്ലൊരു വീടും സ്ഥലവും അവനുണ്ടാവും ഹാ ലൂട്ടി ഇനി ഞാൻ പോവുകയാണ് എങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലും കാണും വകയിൽ ചില ബന്ധുക്കൾ കുഞ്ഞപ്പേട്ടൻ പോവരുത് എന്ന് നീ പറയില്ല കാരണം നാളെ ഈ വീട്ടിൽ പുതിയ താമസക്കാർ വരുമ്പോൾ നീയും വീട് നിറങ്ങണമല്ലോ എന്നെ സ്നേഹിക്കുന്നവരെയും ആശ്രയം തരുന്നവരെയും ദൈവം നിരാശയുമാക്കുന്നല്ലോ എന്റേത് എന്തോലെ ഒരു ജന്മ പോകാൻ പട്ട ഊട്ടി കണ്ണാ ഞാൻ ഇറങ്ങുകയാണ് നല്ല കാലത്ത് കല്യാണം കഴിക്കാതെ തെണ്ടി നടന്നുകൊണ്ടാണ് എനിക്ക് വീടും കുടുംബവും ഇല്ലാതെ പോയത് നിനക്കാണെങ്കിൽ തലങ്ങും വിലങ്ങും ചിന്തിക്കാതെ കല്യാണം മാമാങ്കമായി നടത്തിയതുകൊണ്ട് വീട് നഷ്ടപ്പെട്ടു എന്നാലും ഒരു കുടുംബമുണ്ട് സാരമില്ല രണ്ടും രണ്ടനുഭവങ്ങൾ വിലപ്പെട്ട രണ്ടു പാഠങ്ങൾ പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് വരട്ടെ അവിടെ നിന്നേ എന്താ കുഞ്ഞപ്പ മാമ എനിക്കൊരു ഉപകാരം ചെയ്യണം ഞാനോ എന്താണ് രണ്ടു ദിവസത്തിനകം ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞുകൊടുക്കണം ഒരു വാടക വീട് ശരിയാവുന്നതുവരെ പ്രായമായ അമ്മയെയും ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും കുറച്ചു ദിവസം മതി കുഞ്ഞപ്പമാമ വിചാരിച്ചാൽ അവരെ കൂടി വകയിൽ ആരുടെയെങ്കിലും കൂടെ ഒന്ന് താമസിപ്പിച്ചുകൂടെ ഉണ്ടടോ ഉണ്ട് വകയിൽ ഒരുപാട് പേരുണ്ട് നിനക്കറിയോ അങ്ങ് പെരിങ്ങാവിൽ ഒരു മനയുണ്ട് അവിടെ ഒരു പാർവതിക്കുട്ടിയുണ്ട് ആരാ പാർവതിക്കുട്ടി അടുത്ത ബന്ധമല്ലേ രക്തബന്ധം അതായത് നിന്റെ അമ്മ ലച്ചൂട്ടിയുടെ അമ്മാമൻ കുഞ്ഞുക്കുട്ടി ഭാഗവതരുടെ മരിച്ചുപോയ മകൻ അനന്തനിടക്കയുടെ അനന്തിരവളുടെ അനിയുത്തിയാണ് ആര് പാർവതിക്കുട്ടി തന്നോടോ വകയിലൊരു കുഞ്ഞപ്പ പറഞ്ഞത് ഇവിടെ പൂർണ്ണമാവുന്നു കാവുന്തറ പങ്കെടുത്ത സർവശ്രീ സി വി ദേവ്